പറയുക സാക്ഷ്യങ്ങളിൽ ഏറ്റവും മഹത്തായതെന്താണ് പറയുക അള്ളാഹു സുബഹാനഹുവ ടയാല എനിക്കും നിങ്ങൾക്കുമിടയിൽ അവൻ സാക്ഷിയാകുന്നു നിങ്ങളെയും ഇതെത്തുന്നവരെയുമൊക്കെ ഞാൻ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് ഈ ഖുർആൻ എനിക്ക് വെളിപ്പെടുത്തി തന്നത് അള്ളാഹു സുബഹാനഹുവ ചായാലയോടൊപ്പം മറ്റു ദൈവങ്ങളുണ്ടെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നുവോ പറയുക ഞാൻ അതിന് സാക്ഷ്യം വഹിക്കുന്നില്ല പറയുക അവൻ ഏകദൈവമാകുന്നു നിങ്ങൾ പങ്കു കാര്യങ്ങളിൽ നിന്ന് ഞാൻ മുക്തനാകുന്നു